ചിത്ര വിശ്രാത്തി രാഘവസ് മാത്മേ പതേശ വേണ്ട ഭഗവാൻ വരുമാനം അത്ര അസ്യരാഘവസി മഹാത്മന ക്തവിശ്രാന്തി യുക്തി രാമൻ എല്ലാ യോഗ്യതകളും ഉണ്ട് ഇനി വേണ്ട തിക്ത വിശ്രാന്തിയാണ് അതിനുവേണ്ടിട്ട് അങ്ങ് ഭഗവാൻ വസിഷ്ടൻ യുക്തി പറയണം എന്നാണ് യുക്തി എന്നർത്ഥം അതായത് നമ്മൾ സാധാരണ പറയുന്ന യുക്തിയല്ല കാരണം ചിത്തവിശ്രാന്തി എന്ന് പറയുന്നത് യുക്തി കൊണ്ട് സാധിക്കുന്ന കാര്യ എന്തുകൊണ്ട് സാധിക്കില്ല എന്തുകൊണ്ട് ചിത്തവിശ്രാന്തി യുക്തി കൊണ്ട് സാധിക്കത്തില്ല എന്തുകൊണ്ട് ആ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇവിടെ ചിത്തവിശ്രാന്തി ചിന്തിച്ചാൽ അനക്ഷത്രം ഇസ്ലാമിയിൽ എന്നാണ് വ്യക്തി മനനം അതുകൊണ്ട് ചുറ്റും ഇസ്ലാമി സംബന്ധിച്ചു അതെങ്ങനെയാണ് സംഭവിക്കുന്ന ശുഭന്റെ കഥയിലും പറയും അപ്പൊ യുക്തി ഉപായം ആ ഉപായം എന്താണെന്ന് പറയുക ഉപദേശിക്കുക എന്ന വിശ്വാസങ്ങളും അസൃഷ്ടങ്ങളോട് പറയുന്നത് സർവേഷ രഘുവംശത്ത് ഒരുപാട് പേരുണ്ടായി ജനിച്ചും മരിച്ചെല്ലാം പോയി പക്ഷേ വസിഷ്ഠം മാത്രം എല്ലാവരുടെയും ഗുരുവർ അതോട് പ്രഭു പുലപുരു സദ എപ്പോൾ വധിഷ്ഠന് മാറ്റം വന്നിട്ടില്ല സർവജ്ഞനാണ് എല്ലാവരും ഈ വംശത്തിൻ്റെ എല്ലാ പരിണാമത്തിനും സാക്ഷിയായിരുന്നു തൃക്കാല അമലദർശന തൃക്കാലത്തെ യാതൊരു മാലിന്യവും കൂടെ ശരിയായ രീതിയിൽ കാണുന്നവനാണ് തൃകാലജ്ഞാനി എന്ന് നമ്മൾ ഭൂതം വർത്തമാനം ഭാവി മൂന്ന് കാലത്തിലും എല്ലാം യാതൊരു ദോഷവും ന്യൂനതയില്ലാതെ ഒരാളെ സ്തുതിക്കുമ്പോ ഇങ്ങനെയല്ല പറയാം അതിന് സ്തുതിയായിട്ട് മനസ്സിലാക്കാം വശിഷ്ട ഭഗവൻ കച്ചി സ്മരസീകത്സയം അവയോർ വൈദശാന്ത്യർത്ഥം ശ്രേയസേജം ആധിയാം നിഷാദേക്ഷയും മുനീലാൻ ചസാകു സരളസങ്കുലേ ഉപതിഷ്ടം ഭഗവതാ ജ്ഞാനം പർപ്പ ഇവിടെ പഴയവരത്തിയാണ് വിശ്വാമിച്ച വസിഷ്ഠൻ സംബോധിക്കുന്നവൻ പൂർവം സ്മരിക്കുന്നുള്ള കച്ചിത്താണ് കസ്റ്റിത്ത് അല്ല കച്ചിത്തെന്ന് പറയുന്നത് പ്രത്യേക അവിയമാണ് ചോദ്യത്തിന് ഉപയോഗിക്കും രണ്ട് ചതാരം കഹയിൽ നിന്ന് ചിത്ത് ചേർക്കും ചിത്ത് എന്ന് പറയുന്ന അവിയും കഹയോടെ ചേർത്ത കസ്ജിത്ത് എന്നോദ്യ ചോദ്യം അഭി അതിന് പകരം ഖലു അത് സ്മരിക്കുന്നുണ്ടോ എന്താ പറയുക സ്വയം സ്മരസി അത് സ്വയം സ്മരിക്കുന്നുണ്ടോ എന്താണ് പറയുന്നത് അവയവർ വൈരശാന്തി അത് മഹാഭിയാം സ്മരിച്ച് നമ്മൾ തമ്മിലൊരു വലിയ വഴക്കമുണ്ടാകും പ്രസിദ്ധമാണ് എന്ന പ്രസിദ്ധം മഹാഭാരത പിന്നെ ാധീസുന്ദനാണ് വിശ്വാമിത്വം ക്ഷത്രിയും ക്ഷേത്രങ്ങളും പ്രണവനാണ് വസിഷ്ഠനാണെങ്കിലോ മാനസപുത്രൻ ബ്രഹ്മാവിദ്യ ബ്രാഹ്മണൻ ശുദ്ധ ബ്രാഹ്മണൻ അപ്പോ വിശ്വാമിന് ഒരാഗ്രഹം ബ്രാഹ്മണനാണ് അപ്പോ അത് നടക്കുന്ന കാര്യം കാരണം ബ്രാഹ്മണനായപ്പോ അതുപോലെ നമ്മുടെ ബ്രാഹ്മണനാണോ എന്നുള്ളതിൽ വസിഷ്ഠന്റെ സമ്മതി പത്രമില്ല വിഷോമീറ്ററിൽ ഒരുപാട് തപസ്സിൽ ഒരുപാട് സമരങ്ങൾ ആസൂത്രണം ചെയ്ത് എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിയിലോറും വാശിയും പോയിമീറ്ററിൽ അവസാനം നല്ല വിധം ഒന്നും ഒപ്പിച്ച് ഒപ്പിച്ച് ആകെ വസൃഷ്ണന്റെ ഒരു വാക്ക് പറഞ്ഞു ബ്രഹ്മർഷി അത് വസൃഷ്ഠന്റെ ടൈറ്റിലാണ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി പിടിച്ചത് വിശ്വാമിത്രൻ്റെ ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഈ സാധന സമരം കൂടെ ഒട്ടുകൾ അപ്പോ അതുകൊണ്ട് ബ്രഹ്മർഷി ആയാവുച്ച് ആയിട്ടില്ല എന്തുകൊണ്ട് വിശ്വാമിത്രം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് രാമണനായിട്ട് മനസ്സിലാക്കി വാക്ക് പറയുകയാണ് എല്ലാ പുരാണങ്ങളിലും പറയുന്ന വിശ്വാമിത്രനാരായിട്ടാണോ രാജായിട്ടാണോ അപ്പോ ചെയ്ത എല്ലാ പറയുന്നു ഒരു സെക്കൻഡിൽ ഒരു ആശ്വാസം കൊടുത്തെങ്കിലും വേസ്റ്റായി ഇതിനെ കുറിച്ച് നാരായണത്തിന് ഒരു രസകരമായൊരു വിശദീകരണം കൊടുക്കും അത് കണ്ണുറമിക്കുന്ന ഒരു കാര്യമാണ് ഇത് കേൾക്കുമ്പോ ഈ കഥ കേൾക്കുമ്പോൾ ഞാൻ നോക്കും എല്ലാരും എന്താണ് ചിന്തിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ രാമനും ക്ഷത്രിയിൽ നിന്ന് പിന്നെ അടി വളരെ കുറവാണ് അടിയെന്ന് പറയുന്ന അന്ന് ഗുരുവിന്റെയൊക്കെ കാലം കേരളത്തിൽ നിലവിലിരുന്ന ഇവിടുത്തെ ആചാര ആചാരത്തിൽ ഗുരുവാണ് മാറ്റുന്നത് എന്താണെങ്കിൽ മാറ്റാൻ പറ്റില്ല ആചാര സംരക്ഷകർ അടിച്ചു ശരിയാക്കി അടിയെ അടിച്ചു ശരിയാക്കി അന്നത് മാറ്റി അത് ഇത്രയേ ബ്രാഹ്മണനും അടുത്ത തൊട്ട് സാധ്യമുള്ള ജാതിക്കാരന ഇത്ര അകലം അതിന് താഴെയുള്ള നിത്രയടി അതിന് താഴെയുള്ള അത് ശാസ്ത്രം ഉണ്ടല്ലോ പറഞ്ഞു പറഞ്ഞു തന്നെ കേരളത്തില് അതിനുവേണ്ടി ശാസ്ത്രം എഴുതിയിട്ടുണ്ട് ശാസ്ത്രം കൃത്യമായി കാലുകാഴോട് താഴെയോ പോകുമ്പോൾ ഈ അടി കൂടിക്കൂടി കൂടിക്കൂടി നമുക്കറിയന്തോ ബ്രാഹ്മണനും ക്ഷത്രിയയും തമ്മില് ഇന്ന് രണ്ടടികളെ ഉണ്ടായിരുന്നുള്ളൂ വ്യത്യാസം വലിയ വ്യത്യാസമൊന്നുമില്ല അതൊന്നും ഉണ്ടായിരുന്നു ബ്രാഹ്മണൻ ഹിന്ദു ക്ഷത്രി ഉണ്ടായത് തമ്മിൽ എന്താ വലിയ അടിക്കണക്കിന് വ്യത്യാസം എന്നിട്ട് കൂടി ഒരു ദീപകാലം മുഴുവൻ ബ്രാഹ്മണനാവാൻ വിശ്വാമിത്ര ശ്രമിച്ചിട്ട് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഭാഗത്ത് വേണ്ടി അല്പമായിരുന്നു അപ്പൊ അത് എളുപ്പമല്ല അതുകൊണ്ട് നിങ്ങളൊരു ആരും ബ്രാഹ്മണനാകാൻ വേണ്ടി ശ്രമിക്കരുതെന്ന് പറിച്ച മനുഷ്യനാകാൻ ശ്രമിക്കുക മനുഷ്യരില്ല എങ്ങനെ തിരിച്ചറിഞ്ഞാൽ മതി മനുഷ്യനാണ് തിരിച്ചറിഞ്ഞോ ബ്രാഹ്മണൻ ഈ സന്ദർഭത്തിൽ ഓർമ്മ എന്നുകൊണ്ട് പറഞ്ഞു ബോധമുള്ളവരെ ചിന്തിച്ചു അല്ലാതെ ഒരു കുട്ടികളായി ഞാൻ എല്ലാ ബക്കും പറഞ്ഞു അപ്പോ ആ കാര്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അവയോഹവും നമ്മളൊന്നും വലിയ വൈരമുണ്ടായിരുന്നു ആ വൈരശാന്തി വസിഷ്ഠനും എന്താണ് വൈരശാന്തി വസിഷ്ഠൻ വിശ്വാസത്തിൽ നിന്നുള്ള വൈരത്തെ വേണ്ടി ശ്രേയസ് ഭാഗിയാണ് പുതിയ ബുദ്ധിമാന്മാരാണ് പുതിയ ജ്ഞാനികളാണ് എന്നിട്ടും എൻ്റെ പരസ്പരം മഹാധേതുവിനാണോ രണ്ടുപേരും ജ്ഞാനികളാണ് ഈ ജ്ഞാനികൾക്കും പരസ്പര കീക്ഷാസുഖങ്ങളുണ്ടാവും ശ്രേയസ് ഇത് മാത്രമുണ്ടോ രണ്ടുപേരുടെ ശ്രേയസ് എന്ന് മോക്ഷം ആ മോക്ഷത്തിന് വേണ്ടിയിട്ടുണ്ട് ഇതിൽ ഇടപെട്ടവരാണ് ഒരു മിഷാദാദ്രി നിഷാദാദ്രി പിന്നെ സരളസന്തുലി സരളവൃക്ഷങ്ങൾ അതൊരു വൃക്ഷം അവിടെ എല്ലാവരും വൃക്ഷം ഈ വിമാനത്തിലൊക്കെ നിൽക്കുന്ന വൃക്ഷമാണ് സരളവൃക്ഷമാണെങ്കിൽ നമ്മളതിനു നോക്കുന്ന വൃക്ഷമാണ് അതിന്റെ എന്താണോ അതിന്റെ താഴ്വരയിൽ മുനീന കുനിമാനല്ലാം താമസിക്കുന്ന സ്ഥലമാണ് സാനൂപരുന്ന മലയുടെ താഴ്ന്ന പ്രദേശം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം കാരണം ഈ മലയുടെ ടോപ്പിലാർന്ന് താമസിക്കാവും ഇവിടെ വാസയോഗ്യമാണ് ടോപ്പ് താഴെയാണ് സാധാരണ വിമാനത്തിൽ പ്രത്യേകിച്ച് ഇന്നിപ്പോ എല്ലായിടത്തും താമസിക്കുന്നു പഴയത് വലിയ പ്രയാസമല്ല അവിടെ മുരിമാനല്ലാവുന്ന ആ സ്ഥലത്ത് ഇവരെ രണ്ടിട മുമ്പിൽ അടിയായപ്പോ അതിന്റെ ഇടപെട്ടു മധ്യസ്ഥ വൈകുന്നാരാണ് ബ്രഹ്മാവരശാന്തി ഉപതിഷ്ഠം ഭഗവത ജ്ഞാനം പത്മഭൂപ ബഹു ഒന്നാണ് പത്മഭൂ ബ്രഹ്മാണോ ബഹു ഉപതിഷ്ഠം ജ്ഞാനം വളരെയധികം ഉപദേശിച്ചു ഇവരെ വൈരം അടക്കുന്നതിന് വേണ്ടി ജ്ഞാനികളായിരുന്നിട്ട് കൂടി ഒരുപാട് ഉപദേശിച്ചുണ്ട് ആ ഉപദേശിച്ച ജ്ഞാനം അതാണ് ആത്മവിധ്യ ആത്മജ്ഞാനമാണ് ഉപദേശിച്ചത് ഇവരെ വൈരസമിക്കുന്നതിന് വേണ്ടി ശാന്തരാ രണ്ടുപേർക്കും ഉപദേശിച്ചു ആ ജ്ഞാനമാണെന്ന് രാമന് ഉപദേശിച്ചു യന യുക്തിമത ബ്രഹ്മജ്ഞാന വാസന സംസാര മൂലമായാതിയാമേ ഭസ്മുക്തിമത ജ്ഞാന മായ ജ്ഞാനം ഞാനഐക്യുക്തമാണ് ആ ജ്ഞാനം കൊണ്ട് ഈ വാസന കലഹുന്നൊണ്ടാണ് വാസന കൊണ്ടാണ് വലിയ വലിയ ബോദ്ധാരോ മത്സരത്യസ്ഥാണ് ആരാ പറഞ്ഞിരിക്കുന്നത് ബോദ്ധാരോ മത്സരത്യസ്ഥ ഇതൊന്നും കേൾക്കാതെയാണ് അവിടെ ഇരിക്കുന്നു അത് ശരിയാ രണ്ടു മൈക്കൊരിക്കും എന്റെ തലതിരിയുമെന്ന് കേൾക്കുന്നു അങ്ങനെ പ്രശ്നം എനിക്ക് തലതിരിക്കാതിരിക്കാം ഭാരവും മത്സര വ്യത്യസ്ത ഭർത്തരഗിരി പറഞ്ഞു പ്രഭാവസ്മയ ദൂഷിക്കണം പ്രമുഖന്മാർക്കെന്താണ് ധനം മതം അതുകൊണ്ട് പരസ്പരം മത്സരിക്കും അറിവുള്ളവനെ അവര് മത്സരിക്കും അവരും മത്സരിക്കും എനിക്കാണ് കൂടുതലാറും നിനക്കാണ് കൂടുതലും അവരങ്ങോട്ട് ഇപ്പോൾ അറിവുകൊണ്ട് ഉരസിക്കുക എന്തായാലും കാരണം വാസ് മത്സരമുണ്ടാകുന്ന ഒക്കെ സംഭവിക്കുന്നു സംസ്ഥാനങ്ങളിൽ സംസ്ഥാനം അങ്ങോട്ടും മത്സരം ഉണ്ടാക്കുന്നു അവരുടെ സങ്കരാജ ബാക്കിയുള്ള എല്ലാവരും ഫണ്ടിയിലും ബാക്കിയുള്ള സങ്കരാജയം എല്ലാവരും തലസ്കരം കണ്ടിട്ടുണ്ട് ഒരു വാസന ഉണ്ടല്ലോ പരസ്പരം ഘണിക്കുന്ന ഉള്ള വാസന നമ്മളുടെ എല്ലാവരുടെ സൗകര്യം മാത്രമാണ് വാസന ഇപ്പോ ഈ ബ്രഹ്മാതമായ വാസന വാസുദാസ് ശ്യാമ ഇവ ആദിത്യനാണോ ഇരുട്ടിടുന്നു സൃഷ്ടിക്കുന്നത് അതുപോലെ മം അയാവി സംസാരിക്ക സംസാരിക്കും സംസാരിയിലാണ് ഇതൊക്കെ ഇരിക്കുന്നത് അപ്പോ സംസാരി എന്ന് പറയുന്ന നിത്യം വാസനായുക്തനായി സംസാരമുള്ളവനാണ് ഒരു കാരണം വാസനയുണ്ട് ഇരിക്കുന്ന വാസന നമ്മളർത്ഥം മനസ്സിലായി അവരുടെ അടുത്ത് അങ്ങനെയല്ലെന്ന് പറയുന്നത് ആ വാസന എന്തെയ്തു ശമത്തെ പ്രാപിക്കുമ്പോൾ ഇവർ രണ്ടിരും തമ്മിൽ കലഹിച്ചത് ഒരു വാസനയുണ്ട് കലഹവാസന അതെന്തേലും ബ്രഹ്മാവിന്റെ യുക്തമായ ബ്രഹ്മജ്ഞാനോപദേശിച്ചുകൊണ്ട് ആ വാസനയിൽ ഉപസിച്ചിച്ച് അവരെന്തെയ്തു ശമം ഉള്ളവരായിത്തേറുന്നു അതുകൊണ്ട് അതൊന്നും ഉപദേശിക്കണം എന്നാണ് അപ്പോ യുക്തിമത എന്ന് പറയുമ്പം വാസരയെ നശിപ്പിക്കുന്ന എല്ലാ യുക്തികളും അറിയോ അനുഷ്ഠാനങ്ങളും എല്ലാം കേവല യുക്തി മാത്രമാണ് ബ്രഹ്മനും വിശ്രാന്തി വേഷി യുക്തിമൻ തദൈവ ജേയം യുക്തിമത് യുക്തിയുക്തമായ ഇവിടെ നിരന്തരം പറയുകയും പറയുന്നതിന് യുക്തി ഇഷ്ടമാണ് അങ്ങനെ പറയുമെങ്കിലും അങ്ങോട്ട് ഇരുവം പറയുന്നതാണെങ്കിൽ യുക്തിക്ക് വിഷയമാകുന്ന കാര്യമല്ല അതും പറയും കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ അല്ല ഇത് ഓരോരുത്തരുടെയും ഭാഷകാലം പറയുന്നത് സ്വീകരിക്കുന്നത് എന്നും പറയും ഇവിടെ ഇപ്പൊ പറയുന്നത് ഒരു ഉപദേശം എന്നുള്ളതാണെങ്കിൽ രാമന് ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ആണെങ്കിലാണ് ഇങ്ങനെ എക്യുമത് എന്നെല്ലാം പറയുന്നത് രാമയെ രാമായ അന്തേ നിവാസിനെയും അന്തേവാസിയായ രാമൻ രാമൻ ശിഷ്യനായി അടുത്തു കൂടിയിരിക്കുകയാണ് പെൺമീഷാവശപ്പെട്ടെന്ന് തന്നെ ഉപദേശിക്കണം എന്നെ വിശ്രാന്തി രാമൻ ചിത്തവിശ്രാന്തി സംഭവിക്കട്ടെ അതിനെന്താ വേണ്ട അതൊന്ന് ഉപദേശിക്കണം ഏഹ് അന്തേവാസി കന്നേ സമീപത്തിൽ വാസി വസിക്കുന്നവൻ ശിഷ്യന് പറയുന്നു ഏ രാമൻ രാമൻ വസിന്റെ അന്തേവാസി ശിഷ്യനല്ല എപ്പോഴും ആണ് എപ്പോഴും ആണ് നമ്മളാണ് അവിടെ കുലഗുരുവല്ലേ പ്രഘുവംശത്തിന്റെ കൂടെ ഗുരുവല്ലേ വശിഷ്ഠൻ അന്തേവാസി എന്ന് വെച്ചും അടുത്തിരിക്കണമെന്നുണ്ടിഷ്യൻ എന്ന് വെച്ചാൽ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നവൻ അടുത്ത ഘട്ടത്തിലായാലും അന്തേവാസിയാണ് ബ്രാഞ്ചിലായാലും അന്തേവാസിയാണ് അടുത്തിരിക്കണമെന്നല്ല അന്തേ വസിക്കുന്നവൻ ആത്മീയ സാമീപിക്കും മതി പിന്നെ അതിൻ്റെ സാറിനാഷൻ പറയുന്നു പഴയകാലത്ത് അങ്ങനെയാണല്ലോ ഗുരുകുലത്തിൽ എല്ലാ ദിവസവും ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നു അപ്പൊ ഗുരുവിനോടൊപ്പം താമസിക്കും അതുകൊണ്ട് അങ്ങനെ പറയും ഒക്കെ അന്ത്യം വെച്ച് സമീപം നൽകും സമീപത്ത് വസിക്കുന്നവരും ഉണ്ടങ്ങനോ രാമോഹി ഗതകൽമഷ ധർമ്മനെ മുഖരേ ഭക്തം നൈവ ബിംബതി ഏഷ കഥർത്ഥന ഇത് വ്യർത്ഥമല്ല രാമന് കൊടുക്കുന്ന ഈ ഉപദേശം ഒരിക്കലും വ്യർത്ഥമാകത്തില്ല തുടർന്നു അതേ തന്നെ പറയും എന്തുകൊണ്ട് രാമോഹി ഗതകൽമ കൽമഷങ്ങളൊന്നും ഇല്ലാത്തവന ഒരുതരത്തിലുള്ള ദോഷവും പാപം ദുർവാസന എങ്കിലോട് ഒരു ദോഷമില്ല പരമയോഗ്യനാണ് രാമൻ ഉദാഹരണം പറയുന്നത് നിർമ്മലേ മുഖരേ പക്ത്രം വയനേനൈവ ബിംബ നിർമ്മലമായ കണ്ണാടി പരിശുദ്ധമായ കണ്ണാടി നമ്മുടെ മുഖം വളരെ വ്യക്തമായി അയജന വ്യക്തമെന്നുള്ള അർത്ഥത്തിലാണ് വ്യക്തമായി തന്നെ പ്രതിബിംബിക്കുന്നു അതുകൊണ്ട് രാമനത് ഉപദേശം കൊടുത്തു കഴിഞ്ഞതെന്ന് ഒരിക്കലും പാഴാർത്ഥ രാമനോനാണ് എന്ന ശാസ്ത്രാർത്ഥ്യമനന്തി സായ വിരക്തായ സാധോ ഇതുപദേശതേ സാധോ സംബോധനയാണ് മഹാത്മാവേ എന്ന് സംബോധിക്കുന്നു തജ്ഞാനം ആ ജ്ഞാനം എന്നുവെച്ചാൽ ബ്രഹ്മാവിൽ നിന്ന് പാർക്കുന്ന് കിട്ടിയ നമ്മുടെ എല്ലാ ഇതൊരു രീതിയാണ് അതിലുള്ള ശാസ്ത്രം ബ്രഹ്മാവിൽ നിന്ന് അല്ലെങ്കിൽ ശിവനിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ വിഷ്ണുപദേശിച്ച് ഇങ്ങനെയൊക്കെ പൊതുവായൊരു ഇരിക്കുകയാണ് പുരാണങ്ങളുടെ രീതി അതാണ് ഞാനും ശാസ്ത്രാർത്ഥ അത് തന്നെയാണ് ശാസ്ത്രാർത്ഥം ശാസ്ത്ര താല്പര്യം എല്ലാ ശാസ്ത്രങ്ങളുടെയും താല്പര്യം അത് തന്നെയാണ് വൈദൽ മനന്തിരം അങ്ങയുടെ സാമർഥ്യമാണെങ്കിൽ ഇനിയും അതിലും ഒരു ദോഷമുണ്ട് കാരണം ഇത് പറ്റിയ അളങ്ങാണ് എന്നാണ് അത് പിന്നെ ഈ മുനിമാരിലേക്ക് ജീവിതം നോക്കിയാൽ പലതരത്തിലുള്ള വൈദ്യങ്ങളും കാണും അതൊക്കെ വരും ചിലടത്തവര് എന്താണോ ജ്ഞാനത്തിൽ പൂർണ്ണരായി അങ്ങനെയും പറയും ചിലടത്ത് അവരെ സംസാരിക്കണെ പോലെ അവര് ഇതൂരിടത്ത് തന്നെ അവരും മഹാഭാരതന്നെ രണ്ടും കാണും എന്റെ മകൻ മൊത്ത മകനാണ് ശക്തി അയാള് ഒരു വഴിയാത്ര പോകുമ്പോൾ എതിരെ വന്ന് കൽമാഷപാതനെന്ന് പറയുന്ന രാജാവ് ഓട കേട്ടിരിക്കും അപ്പൊ രാജാവ് വരുന്നു എതിരെ ശക്തി വരുന്നു ശക്തി ബ്രാഹ്മണനാണ് രാജാവും ക്ഷത്രിയനാണ് അപ്പൊ ശക്തി പറഞ്ഞു ക്ഷത്രിയന് ബ്രാഹ്മണനും ക്ഷത്രിയും വഴിമാറുന്നു രാജാവ് പറഞ്ഞ രാജാവാണ് എനിക്കും ബ്രാഹ്മണൻ വഴി മാറുന്നു തർക്കമായി ഇതൊക്കെ പഴയ കാലത്ത് നടന്ന മത്സരങ്ങളാണ് അതൊക്കെ കഥകളായി വരുന്നതാണ് ബ്രാഹ്മണനും ക്ഷത്രി തമ്മിലും മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരത്തിന്റെ കഥയാണ് എന്താണ് പരശുരാമൻ ദേഷ്യം ഒന്ന് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരെ മുഴുവൻ ഒന്ന് രക്തം കുളങ്ങളിൽ നിറച്ചവെന്നൊക്കെ പറയുന്നുണ്ട് ഈ ജാതികൾ തമ്മിലൊക്കെ പഴയകാലത്ത് അടിയുണ്ടായിരുന്നു ചിലപ്പോൾ ഇവരൊക്കെ വലിയ സൗഹൃദത്തിന് വരും എന്തായാലും അവര് നമ്മുടെ മഴക്കായി അറിയാം കന്മാഷവാദനം ചെയ്തു എന്റെ കുതിരെ ചമ്മട്ടികൊണ്ട് ശക്തി അടിച്ച് ശക്തി ഉടനെ ശക്തിച്ചെ നീ മനുഷ്യരെ പിടിച്ചു നിന്ന് ഒരു കാട്ടാളനായി പോലെ കന്മാഷവാദന ഉടൻ തന്നെ കാട്ടാളനായി ആദ്യം തന്നെ ശക്തിയെ പിടിച്ചു അബദ്ധം ഈ ശാപമൊക്കെ വളരെ സന്തോഷമാണെന്ന് ചെയ്യാൻ മനസിലായി തിരിച്ചടക്കിയൊന്നും പറയാൻ പറ്റും കയറിക്ക് ശ്രമിച്ചോളൂ ശക്തിക്ക് പറ്റിയതാണ് അത് മാത്രമല്ല ഇത് വസിഷ്ഠന്റെ പുത്രല്ലേ വസിഷ്ഠന് നൂറ് പുത്രന്മാരുണ്ടായിരുന്നു നൂറുപേരെ വിളിച്ചതും നൂറു മക്കളും വധിഷ്ഠന് നഷ്ടപ്പെട്ടപ്പോ വസിഷ്ഠന് ഡിപ്രഷൻ ഉണ്ടായി ഈ തത്വം ഞാൻ ഉപദേശിക്കുന്നതാണ് വരെ ഡിപ്രഷൻ ഉണ്ടാകില്ല സിഷ്ടം പോയി പല നദികളിലും എടുത്ത് ചാടി പക്ഷെ കരക്കടി ചാകാൻ പറ്റുന്നില്ല അങ്ങനെ ഉണ്ടല്ലോ ഈ കടലിൽ ചാകാൻ ചാടി കര അടിച്ച് കരയടിച്ച് കരയിൽ കൊണ്ടിട്ട് അതിൽ വെള്ളമൊക്കെ കുടിച്ച് കഷ്ടപ്പെടും എന്നുള്ളത് ഇതുപോലെ എടുത്ത് ചാടുമ്പോഴൊക്കെ നദി ആടിച്ചെടുത്ത് കരയിൽ കൊണ്ടിടും വെള്ളം കുടിച്ച് കഷ്ടപ്പെടും മലയിൽ നിന്ന് എടുത്ത് ചാടുമ്പോൾ എവിടെ ഇതിന് ഉടക്കിയിരിക്കും താഴെ വീഴത്ത് അങ്ങനെ പല ശ്രമം നടത്തി ആത്മാഭ്യാസം ഒന്നിട്ട് വിജയിച്ചിരുന്നു അങ്ങനെ കുറെ കാലം നടന്നു മരിച്ചാ മതിയെന്ന് ഡിപ്രഷൻ അങ്ങനെയുള്ള ഡിപ്രഷനിലാണ് ഇപ്പൊ രാമനെ ഉപദേശിച്ചത് ഇത്ര ജ്ഞാനമുള്ള ആളുടെ എങ്ങനെ ഡിപ്രഷൻ വന്നിരുന്നു ചോദിക്കരുത് ഇത് കഥയാണ് കഥയിലതെല്ലാം ആ കഥ ഈ കഥയും അതുകൊണ്ട് നമ്മുടെ ജ്ഞാനി എന്നു പറഞ്ഞാൽ ഡിപ്രഷനൊന്നും വരാത്തയാളാണ് ഇതൊക്കെ ഇല്ലാത്തത് ഇവിടെ അറിയാം ജ്ഞാനികളില്ലാത്തതാണ് വളരെ ഡിപ്രഷനിൽ നിന്ന് ഒരുപാട് ജ്ഞാനികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ ഞങ്ങൾ ചാവാൻ പോയത് എൻ്റെ സമുപ്രായങ്ങൾ ഞാൻ അയാൾ ഒരുപാട് സമാധാനിച്ചിട്ടൊക്കെയുണ്ട് മേലത്തെ ഒരു മണ്ഡലേശ്വരനായി എന്നാ കേട്ട് മണ്ഡലേശ്വരൻ വലിയ പദവി ഞാനിപ്പോ പുള്ളി കൊണ്ടാ നമസ്കരിക്കുന്നത് അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു സാദാസ്വാമി മണ്ഡലേശ്വരനെ കൊണ്ടാണ് നമസ്കരിച്ചിരിക്കുന്നത് എസ് പിയുടെ ലെവലും ഡി ജി പിയുടെ ലെവലിൽ ഒരു ശങ്കരാചാര് മഹന്തെന്ന് പറഞ്ഞ എസ് എ നമ്മളൊക്കെ സാദാ പോലീസ് പി സി ഇതാണ് വടക്കേന്ത് ഇത് വ്യവസ്ഥയാണ് ആ സമ്പത്ത് ഒരു മഹന്തായി കഴിഞ്ഞ അവിടെ കുറേ സമ്പത്ത് കൈവരും ശ്രമുണ്ടെങ്കിൽ കുറച്ച് പൈസ വരുമല്ലോ ശിഷ്യന്മാരൊരു കാര്യമൊന്നും ശിഷ്യന്മാർ ഇടക്കുന്നവരുണ്ടാവും അങ്ങനെ ഒന്നും ഇല്ല ഇല്ല ഈ മണ്ഡലേശ്വരം കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഓഫർ വന്നാണ് മണ്ടലേശ്വര ഞാൻ കള്ളം പറയുന്ന വെറുതെ തന്നുകയാണ് കമ്പനി നേരിട്ടറൊന്നാണ് പക്ഷെ ഒരു നിബന്ധന കുറച്ച് കാശുമുണ്ട് ഏഹ് അത് ഈ അവിടെ ഈ എസ്പിമാരുടെ ഒരു കമ്മിറ്റിയുണ്ട് കൃഷി എസ് എന്ത് പറഞ്ഞു ആ കമ്മിറ്റിക്ക് നമ്മൾ പൈസ കൊടുക്കും അവരത് വീഴ്ചടുക്കും എന്നിട്ട് നമുക്ക് ഈ മണ്ഡലേശ്വര സ്ഥാന അതിന്റെ ഗുണം നമുക്ക് ഈ കുമ്പമേള വരുമ്പോഴത്തേക്ക് മുമ്പേ പോയി ഗംഗയിൽ ഇറങ്ങി കുളിക്കാം അല്ലാതെ നിങ്ങൾ ആയാരൊക്കെ പറഞ്ഞാലും ശരി പിറകു നിന്നെ കുളിക്കാൻ പറ്റും മുമ്പേ നിന്ന് കുളിക്കാം അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുട പിടിക്കാം അവിടുത്തെ ആളിനെ കൊണ്ടുപോകാം ഈ വെൺകൊറ്റക്കുടയുണ്ടോ അതൊക്കെ പിടിക്കുക ആളിനെ കൊണ്ടുപോകാം അല്ലാതെ നിങ്ങളിന് വേറെ ഏത് ആശ്രമത്തിൽ നിന്നാണെങ്കിൽ എത്ര പേര് കേട്ടേണ്ടായാലും എത്ര പണം ഉണ്ടായാലും ശരി അവിടെ മുമ്പേ പോയി ഇറങ്ങാൻ പറ്റും അതിൽ തന്നെ ഈ എസ് പിമാരും പോയി ഇറങ്ങിയിട്ട് പിന്നെ എസ് ഐ ജിയും സാദാ പോലീസിനുമൊക്കെ ഇറങ്ങാൻ പറ്റും അതൊക്കെ വ്യവസ്ഥയുണ്ട് തീരുമാനിച്ചിരിക്കുന്നതല്ല അതും അതിലൊന്നും അതിലൊന്നും ഒരു എവിടെയാലും ശരി ശരി മതം ആത്മീയത എന്നൊക്കെ പറയുന്നിടത്ത് ബല കാശിനാണ് അല്ല അറിവിനോ മറ്റു യോഗ്യതക്കൊന്നും കാശുണ്ടോ നിങ്ങള് തോന്നാന എവിടെ ചെന്നാലും ഏ അദ്ദേഹ അത് എന്ന് പറയുന്നത് എന്താണ് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി ഒരു ചെറിയൊരു പ്രതിസന്ധി ആശങ്ക ഉണ്ടായി അങ്ങനെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നോട്ടിലടിച്ചു അങ്ങനെയൊക്കെ ചെറുപ്പം സംഭവിക്കാ നിലവിൽ ഒരു നാളുകൂട്ടം പിന്നെ അടുത്താരെന്നുള്ളൊരു തർക്കം അവിടെ ഉണ്ടായി അപ്പൊ അതിനകത്ത് കോമ്പറ്റീഷൻ ഉണ്ടാവും എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ് അപ്പൊ അകത്തുനിന്ന് ഒരാളെടുത്തുകഴിഞ്ഞാൽ മറ്റൊരാളോ ഇതാവും അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു അതിന്റെ ട്രസ്റ്റീസ് എല്ലാം കൂടെ ചേർന്ന് പുറത്തുനിന്ന് ഒരാളെടുത്ത് അപ്പൊ പുറത്തുനിന്ന് നടക്കുമ്പോൾ യോഗ്യതയുള്ള ഒരാളെടുത്തപ്പം അകത്തെ പ്രശ്നം തീയച്ചു അത് പൊളിറ്റിക്സ് അദ്ദേഹത്തെ എടുത്ത് അദ്ദേഹത്തിന് യോഗ്യതയുള്ളൂ കാരണം അതുമല്ല ഈ ഈ സാധാരണ മണ്ഡലേശ്വരന്മാരെ പോലെ അറിയില്ല കൈതാശാസ്ത്രങ്ങളിൽ നിന്ന് മാത്രം പ്രത്യേകിച്ച് അവിടെ കയ്യിലുള്ള എല്ലാ മണ്ഡലേശ്വരന്മാരെ പഠിച്ചു അവിടത്തെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ തിരഞ്ഞെടുക്കുന്ന ആള് മണ്ഡലേശ്വരൻ എന്ന് പറയുന്ന ആൾ അവിടെ ഇരുന്ന് ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിക്കുന്നു അങ്ങനെയുള്ളവരെ അവിടെ എടുക്കാൻ പറ്റും കാശ് കൊടുത്തൊരാളെ കൊണ്ടിരിക്കാൻ പറ്റില്ല അവർക്ക് പഠിപ്പിക്കാൻ അപ്പൊ അതിന് യോഗ്യതയുള്ള വേറെ ഇല്ല അതാണ് മറ്റങ്ങനെ പുറത്ത് അത് പോയില്ലെങ്കിൽ കാശ് കിട്ടത്തില്ല അതുകൊണ്ട് അത്യാവശ്യം പുറത്തു പോകും ആശ്രമം നടന്നെങ്കിൽ പണം വേണം പണം വേണമെങ്കിൽ പുറത്തു പോയതും അതിനുവേണ്ടി പുറത്തു പോകും ഏ അല്ല അദ്ദേഹം അവിടെയും കാശിയിൽ പോയാൽ കാശി പോയതാണ് പുറത്ത് പോവാതെ ഒരാൾ ആശ്രമം നടത്താൻ പറ്റില്ല പൈസ കഴിഞ്ഞു ചിലവ് കിടക്കില്ല അവിടെ പുറത്ത് പോകുന്നു പുറത്ത് രണ്ടു മൂന്ന് മാസം പോയി ചിലവിലുള്ള പൈസയൊക്കെ സംഘടിപ്പിച്ച് അവിടെ വന്നിരുന്നു പിന്നെ അവിടെ ഇരുന്ന് പഠിപ്പിച്ച് പഠിപ്പിക്കും പക്ഷെ പഠിപ്പിക്കാൻ വെക്കില്ല അവളാൾ ഒരാളായിരിക്കും അന്നേരം അവിടെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്നവും അങ്ങനെ പരമ്പര അവിടെ അങ്ങനെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് തുടങ്ങിയ കാലം ഇന്നുവരെ അവിടെ അങ്ങനെ നമ്മൾ മറ്റു മധുരേശ്വരന്മാർക്ക് വെച്ച് അറിഞ്ഞിരുന്നാണ് അവരുടെ അഭ്യാസം മുഴുവൻ ഇടയ്ക്കാണ് ഇതുപോലെ ഇരുന്ന് ശാസ്ത്രം ബാധ്യത ആർക്കും ആർക്കും അറിയത്തുമില്ല ബുദ്ധിസ്റ്റന്മാരെന്ന് പറയുന്ന ഇവരെല്ലാം ഈ ദസാമി സമ്പ്രദായത്തിൽ വൈരാഗ്യ സമ്പ്രദായത്തിൽ വേറെ ഇങ്ങനെ ഓരോ സമ്പ്രദായത്തിനും വേറെ വരുന്നു പ്രധാനമായും രണ്ട് സമ്പ്രദായങ്ങളും പിന്നെ ഉദാസീന സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ പ്രത്യേകം ഇതുപോലെയുള്ള ഗ്രൂപ്പുകളും അതിനൊക്കെ മണ്ഡലേശ്വരന്മാർ മുഴുവൻ സാമ്പത്തിക ഇടപാടാണ് സാമ്പത്തികമായി ഇടപാടുകളാണെല്ലാം എല്ലാവർക്കും കുറെ പഴയ കാലത്ത് രാജകുമാർ കൊടുത്ത് കുറെ ഭൂസ്വത്വങ്ങളുണ്ട് അതൊക്കെ ഈ ആശ്രമത്തിന്റെ കീഴിലാണ് ഓരോ സ്റ്റേറ്റുകളിലും ഉണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് അവർക്കങ്ങനെ ഭൂസ്വത്വമുണ്ട് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ മണ്ഡലേശ്വരനാവും മിക്കവാറും പേര് മണ്ഡലേശ്വരനാകും ഈ സ്വത്തെ കണ്ടുകൊണ്ട് സുഖമായിട്ടൊക്കെ ജീവിക്കാം സമ്പത്തും പദവിയും വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളും ഇതൊക്കെ ഭൗതികം തന്നെയല്ല അതിനകത്തൊന്നും വേറെ ആത്മീയത അകല എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഭൗതികം ഭൗതികമായി നിങ്ങളെന്ത് നേടി എന്നുള്ളത് അനുസരിച്ചാണ് നിങ്ങൾക്ക് വില ഭൗതികമായി ഒന്ന് നേടിയിരുന്നത് യാതൊരു വിലയിൽ സമൂഹത്തിൻ്റെ അകലാണ് പിന്നെ ആത്മീയമായി നേടിഞ്ഞ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവരവരുടെ കാര്യ അങ്ങനെ ഒരിക്കലും അവരൊരിക്കലും ചേരത്തില്ല ചേർന്നാണി ഉറപ്പാണ് ഏ അങ്ങനൊരു പരിപാടി അങ്ങനെ യോജിപ്പിക്കാൻ പറ്റില്ല അവരെ എല്ലാവരും കൂടെ ഒരു സ്റ്റേജിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് അതി പ്രയാസം ഒരു വിശ്വസിച്ചു പരിശ്രമത്തിന് വേണ്ടി ശ്രമിച്ചു മരിച്ചു പോയ ഒരാൾ കണ്ടോ എന്ന് അശോക ഒരുപാട് അതിനുവേണ്ടി ശ്രമിച്ച എല്ലാരും കൂടെ ഒരു സ്റ്റേജിൽ കൊണ്ടുവരാം ഒരിക്കലും പറ്റിയിട്ടില്ല കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ഒരു സ്റ്റേജിൽ ഒരു ഭാരത്തെ കസേരയായിട്ട് ഉയർത്തിയിരിക്കുന്ന ശ്നമാണ് അപ്പൊ എന്തു ഈ നാല് ശങ്കരാചാര്യന്മാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റില്ല പ്രശ്നമാണ് ഇനിയിപ്പൊ അവരിലാരെ സംബന്ധിച്ചാൽ തന്നെ അവരെ അനുയായികളെ സമ്മതിക്കേക്കാം അനുയായികൾ മുറിയിൽ ഞങ്ങളുടെ ശങ്കരാചാര് കസേനെ ഏറ്റവും ഭംഗിയിരിക്കുകയാണ് പിന്നെ ഇവരെ കേട്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ ആ വയോർ വൈരശാന്തി തോന്നുന്നു ഈ വൈരം സാധാരണ മനുഷ്യർക്കാളും വളരെ പുറത്താണ് സാധാരണ മനുഷ്യരെ പിന്നിലും നമുക്കെന്ത് ചെയ്യാം ഒരു സ്റ്റേജ് കൊണ്ടൊന്നും ഇല്ല ഒരു ആഡിയൻസ് എടുത്താൽ ഇവരെ ആഡിയൻസിന് എടുക്കാൻ പറ്റില്ല സ്റ്റേജിൽ എടുക്കാൻ പറ്റില്ല മനുഷ്യരൊക്കെ നമുക്ക് ഓഡിയൻസ് കൊണ്ടിരിക്കാം ഇതൊരി നടക്കുന്ന അത് ഉദാസീ ഉദാസീന എന്ന് പറയുന്നത് ഈ വെള്ളപ്രസവത്ത് ഇവിടെ ചില ആൾക്കാർ വരെയുണ്ട് വെള്ള പ്രസക്തമാണ് രാമാനുജന രാമാനുജ് ഉദാസീൻ തമ്മിൽ അത് ദശമ നാങ്ങൻ്റെ വേറൊരു വകുപ്പാണ് വിഭാഗം അവർക്ക് സന്യാസി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അവർ കാറി മഞ്ഞ കൊടുക്കും എല്ലാം കൊടുക്കും അവരുടെയൊക്കെ വലിയ വലിയ വലിയ വിദ്വാന്മാരുണ്ടായിരുന്നു വലിയ പണ്ഡിതന്മാർ സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു അറിയപ്പെടുന്ന വിദ്വാൻമാരും ഉണ്ടായിരുന്നു പക്ഷെ അത് മറ്റു രീതിയാണ് മറ്റത് രാമാനു രാമാനന്ദ്ര രാമാനുജം രാമാനുജന്റെ രാമാനന്ദീയം എന്ന് പറയുന്നത് രാമാനുജന്റെ തന്നെയാണ് അവര് പിന്നെ രാമാനന്ദ സമ്പ്രദായത്തേക്ക് മാറിപ്പോയവരാണ് രാമാനന്ദ അവരുടെ വേറെ ഒരു പ്രബലമാണ് അവർക്ക് മണ്ഡലേശ്വരന്മാരോട് ആ രാമഭദ്രാചാര്യരുടെ ആ ആ വകുപ്പ് അതിൽ തന്നെ രാമഭദ്രാചാര്യർക്ക് അവരുടെ ഇടയിലുള്ള മറ്റു മണ്ഡലേശ്വരന്മാരും കൂടി അംഗീകരിക്കത്തില്ല ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ തമ്മിൽ തമ്മിൽ തൊഴുത്തിക്കുത്തും അസൂതി കടകങ്ങളും ിടയിൽ സർവ്വസാധാരണ അധികാരം വരുമ്പോഴത്തേക്കും വേറെടുത്തും ഷൈവ് ചെയ്യുന്ന ഒരു ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ സർവസാധാരണമാണ് മനുഷ്യന്റെ കുംഭമേടൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കൊക്കെ എന്താണ് പ്രത്യേകം പ്രത്യേകം ടെൻഡുകൾ ഉണ്ടാക്കി പ്രത്യേകം താമസിപ്പിക്കുന്നു എന്തൊക്കെ അടിയാവും എല്ലാവർക്കും പ്രത്യേക ഏരിയ തിരിച്ചു അവിടെ ഏരിയ നടത്തുന്നത് ഗവൺമെന്റ് സർക്കാരാണ് ഗവൺമെന്റ് ആണ് മുന്നോ നടക്കുന്നത് ഇവരൊക്കെ ഇവരെയൊക്കെ ചില ആലോചനകളൊക്കെ നടത്തുന്നത് ചില കാര്യങ്ങളിലൊക്കെ എന്നാണ് കുളിക്കുന്നത് അത്തരം ദിവസങ്ങളൊക്കെ ഇവിടെ അഭിപ്രായം കഴിഞ്ഞു ഇവരെ പണ്ടൊക്കെ നടത്താൻ പറ്റും അതൊരു കോടിക്കിണക്കിന് പണം ചെലവാകുന്ന വലിയൊരു മെഡാണത് സാറിന് ഒരു ഗവണ്മെന്റ് തന്നെ അത് സംഘടിപ്പിക്കാൻ ദിവസം നിൽക്കുന്ന പരിപാടി അപ്പൊ ഇത് പണ്ടുള്ളതാണ് ഈ ജ്ഞാനം ഇതൊക്കെ ഒരു സ്ഥലത്തിരിക്കും ഭക്തി എല്ലാം ഇരിക്കും ആടിക്കുന്ന ഒരു കുറവാണ് അത് ഭക്തന്മാരുടേതായാലും നടക്കും ഞാനീനായാലും നടക്കും എല്ലായിടത്തും നടന്നു സാധാരണ കാര്യമാണ് ഞാനൊരു എന്താണ് വലിയൊരു ദോഷമായിട്ടെടുത്ത് പറയുകയല്ല ഇതൊരു സാധാരണ സംഭവം ഇതിങ്ങനെ നടക്കും ഒരു വശത്തോടെ ഞാനൊക്കെ പ്രവഹിച്ചോണ്ടെങ്കിലും വേറെ വശത്തോടെ അടിയും പ്രവഹിക്കും ഇതാണ് പൊതുവേ നടക്കും അത് തന്നെ പറയും ഈ വൈരുദ്ധ്യങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയാണ് പിന്നെ അധികാരത്തിന് വേണ്ടിയൊക്കെ എത്ര പേർ കൊല്ലുന്നു വിഷം കൊടുത്തുകൊണ്ടിരുന്നു വേളി ടോപ്പിലിരിക്കുന്നവര് ഒരുപാട് സ്വത്ത് ഉള്ളടത്ത് അതുമൊക്കെ സംഭവിക്കാറുണ്ട് അവർ ആർക്കും തന്നെ വിശ്വാസമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റി ഭക്ഷണം കഴിക്കുന്നിടത്ത് വളരെ ശ്രദ്ധിക്കും അവരെല്ലാം കാരണം പുതിയ അപകടം ചിലപ്പോൾ ഭക്ഷണത്തിന് വേഷം ചേർന്ന് കൊണ്ടുപോകും ഒരുപാട് നടത്തി നടക്കുന്നുണ്ട് സമാധാനമാണ് എക്സെപ്ഷൻ ബാക്കിയെന്താ സർവസാധാരണ ശാന്തി സമാധാനം എന്ന് പറയുന്നത് സുലു ജല വ്യക്തികളുടെ എക്സെപ്ഷനായിട്ടുണ്ട് മറ്റത് മനുഷ്യനല്ലേ മനുഷ്യനെന്ന് പറഞ്ഞെന്താ ഒരു ജൈവഘടനയാണ് നുസരിച്ചാണ് മനുഷ്യന്റെ എല്ലാ ശാരീരികമായും മാനസികമായോ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അവിടെ ഇതെല്ലാം ഉണ്ടോ നമ്മള് ബ്രഹ്മമാണെന്നോ ആത്മാവാണെന്നോ എന്തൊക്കെ പറഞ്ഞാൽ ശരി ഈ ബ്രഹ്മം ആത്മാവ് പറയുന്നത് നിർമ്മാണമല്ലോ അത് ഇതിലൊന്നും ഇടപെടുന്നില്ല പിന്നെ ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ കൈവഘടനയാണ് അവിടെ ആ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് ഈ ശരീരം മൊത്തം പ്രവർത്തിക്കുമ്പോൾ അതനുസരിച്ച് മനസ്സിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ അവിടേതൊക്കെ വന്നുകൊണ്ടേ രോഗദ്വേഷങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേപ്പം വ്യാസനും അങ്ങനെ സിദ്ധനും വിശ്വാസനും തമ്മിലടികളുണ്ടായെന്ന് വെച്ചിട്ടോ അതൊന്നും അതിശയിക്കാനൊന്നും ഇല്ല അതൊക്കെ കഥാപാത്രങ്ങളാണ് അല്ലെ മനുഷ്യരെ കണ്ടല്ലേ കഥാപാത്രങ്ങളെ ഉണ്ടാകും മനുഷ്യരെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളും ഉണ്ടാകും അപ്പൊ മനുഷ്യനോട് എല്ലാ വിശേഷങ്ങളും കാണും ചിലടത്ത് ശാന്തി ആയിരിക്കും ചിലടത്ത് അടിയായിരിക്കും ചിലടത്ത് ഡിപ്രഷനായിരിക്കും എല്ലാം കാണും അതാണ് മനുഷ്യന്റെ മുകളിൽ ഇങ്ങനെയൊന്നും നല്ല നേരം ആണെങ്കിൽ നമ്മളൊരു സ്വപ്ന ലോകം ജീവിക്കുന്നവർ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അത് വിഭ്രാന്തികളാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് ഇനി അടുത്തൻ്റെ കൂടെ വലുതായി ചർച്ച വരുന്ന കുറേ പേര് പറയുന്ന ഒരു കാര്യമാണ് പൗരുഷന്റെയും അതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാം പറയുന്നത് എന്താണ് ജ്ഞാനം അതാണ് ശാസ്ത്ര താല്പര്യം ഇയാണെങ്കിലും വൈദഗ്ധ്യം നിന്റെ വൈദഗ്ധ്യം അനിന്ദിതമാണ് അത് അസാമാന്യമായ കഴിവുള്ള ആളെന്നൊക്കെ പറഞ്ഞ് ഉപദേശിപ്പിക്കാൻ വിരക്തനായ അതുകൊണ്ട് ചെയ്യണം വിരക്തായ അസാധോ എന്ന് പ്രതീക്ഷിക്കുന്നു അശിഷ്യായ അവിരക്തായ തജ്ഞാനം സജ്ജശാസ്ത്രാർത്ഥം തദ്വൈദികൾ അതന്തിനം സത് ശിഷ്യായ വിരക്തായുപറ്റോ ശരിയായ ഒരു ശിഷ്യൻ വിദഗ്ധനായ എന്താണോ ഉപദേശിക്കുന്നത് അതാണ് ശരിയായ അതാണ് ശാസ്ത്രാർത്ഥം അതാണ് അനന്തിതമായ വിദഗ്ധ അതുകൊണ്ട് എന്താണ് ശരിയായ യോഗ്യതയുള്ളവർ മാത്രമേ ഇത് ഉപദേശിക്കാവൂ അങ്ങനെ അല്ലാത്തവർ ഉപദേശിക്കരുത് ഇത് ഇതിന്റെ ഒരു ഈ പറയുന്നതിനൊരു അർത്ഥവത്തായകൊണ്ട് മോശമായ ഒരു വശവും അശിഷ്യായ അഭിരംഗപ്രതിഷേ തത്രയാക്കി അപവിത്രത്വവും കോക്ഷീലും സുധൃതവാ ശിഷ്യനല്ലാത്തവന് ശിഷ്യൻ വെച്ചാൽ ശാസിക്കാൻ യോഗ്യനായവൻ അങ്ങനെയാണല്ലോ അനുസരണയുള്ളത് അവിരക്കാൽ വിരക്കിയില്ലാത്തവർ എന്തു ഉപദേശിച്ചാലും ചെയ്യും തത്പ്രയാത്ര അപവിത്രമാണ് ബോക്ഷീലും വിവാഹമാണ് എങ്ങനെയാണ് നായുടെ പഴയ തോൽസികളാകുന്നത് മൃഗങ്ങളുടെ തോരമാണ് നായ പറയുന്നൊരു അപവിത്രമായ അശുദ്ധമായ ഭാഗമാണ് അതിൻ്റെ പോന് കൊണ്ട് ഒരു സഞ്ചയുണ്ടാക്കി അതിനകത്ത് പവിത്രമായ പശുവിൻ്റെ ഭാഗം വെച്ച് പറ്റാതെ അത് അശുദ്ധമാണ് അങ്ങനെ തൊടാല് കൊടുക്കട്ട് അത് അപവിത്രമാണ് അതിന് എത്രയോ അപവിത്രമാണ് നായിയുടെ തോൽ അതുപോലെ എന്താണ് സൻസിഷൻ അല്ലെങ്കിൽ ഉപദേശിക്കുന്നതെങ്കിൽ പോയി അങ്ങനെയുള്ള ഉപദേശിക്കരുത് എന്നുള്ളതാണ് സത്പാത്രത്തിലേക്ക് കൊടുക്കാവും പഴയകാലത്തെ ഒരു നിലപാടാണ് ഇതിന്റെ എന്താണ് ഒരു ശരിയായ വശവും കൂടെ എന്താണ് ഏതെങ്കിലും ഒരു അറിവ് നേടുന്നതിന് അവനതിനുള്ള പ്രാഥമികമായ യോഗ്യത വേണം മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഏതൊരു യോഗ്യതകളുണ്ട് പ്രാഥമിക യോഗ്യത എല്ലാത്തിനും ഏത് വിഷയവും നല്ല ഫലവത്താകും അതിന് വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് അത് ഉൾക്കൊള്ളുന്നതിനുള്ള ബുദ്ധി സാമ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരാളെ പാട്ട് പഠിപ്പിക്കുന്നു സംഗീതജ്ഞാനം ഇല്ലാത്ത വാസന ഇല്ലാത്തവരെ പാട്ട് പഠിപ്പിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് പഠിക്കാനും പറ്റത്തില്ല പഠിപ്പിക്കാനും പറ്റില്ല അപ്പൊ അതിന് യോഗ്യതയുള്ളവനെ അത് പഠിപ്പിക്കാൻ പറ്റും ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അതിന് യോഗ്യതയുള്ളവനെ അത് പഠിപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് ശരിയാണ് അതായത് ശരിയായത് പക്ഷേ വലിയൊരു ദോഷമായ വിശേഷമാണ് ഇത് ആ രീതിയിലല്ല പറഞ്ഞത് പഴയകാലത്ത് പറഞ്ഞു കൊണ്ടു സത്പാത്രം എന്ന് പറയുന്നത് എന്താണ് പഴയ ജാതുവണ്യ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് പഴയ ഹൈറാറിറ്റി അനുസരിച്ച് ഇതാണ് ഈ നല്ല വിദ്യകളും നല്ല കാര്യങ്ങളും എല്ലാം ഉയർന്ന ജാതികളുടെ അവനെ ജാതിപ്പെട്ടവർ ധർമ്മത്തിന് അധികാരമില്ല ജ്ഞാനത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞ് പഴയകാലത്ത് വേർതിരിച്ചതാണ് ഇതിൻ്റെ ദോഷം വ്യക്തിയുടെ യോഗ്യത അനുസരിച്ച് അഭിവൃദ്ധി കുറഞ്ഞവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ ജാതി പരിഗണിക്കേണ്ട സ്ത്രീ പുരുഷ ഭേദം പരിഗണിക്കേണ്ടത് ഇവിടെ സത്പാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പോകും അതാ പോകണം അതാണ് നമുക്ക് ദോഷം ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ലോകത്ത് ഇങ്ങനെ ഒരു നിയന്ത്രണം വയ്ക്കാത്ത മതങ്ങളിലെ മടങ്ങി ഇതാണ് ക്രിസ്മാസം ക്രിസ് പറഞ്ഞ എന്താണ് ഞാൻ ചുങ്കക്കാർക്കും ഭാവികൾക്കും വേണ്ടിയിട്ടാണ് വന്നത് ഉപദേശിക്കുന്നത് എന്നുവെച്ചാൽ സാധാരണക്കാരൻ സാധാരണക്കാരനായ വെച്ചിട്ട് അത് ഉപദേശിച്ചത് എന്താണ് അന്നത്തെ കേബന്മാരായുള്ള ആൾക്കാരല്ല അത് പരീശന്മാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൂതന്മാരുടെ ശ്രേഷ്ഠരായ ആൾക്കാർക്കല്ല മീൻപിടുത്തക്കാർക്കാണ് ഉപദേശം അതുകൊണ്ട് എന്തെയ്തു ഇന്നിവിടെ ഇത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ലോകം വരണെന്ന് വ്യാപിച്ചത് ലോകത്തിൽ ജനസംഖ്യയുടെ ശതമാനത്തോളം ക്രിസ്ത്യാനികളാണ് ഇങ്ങനെ അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ മതം ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ മതം എന്ന് പറയുന്നില്ല ഉപദേശങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ് ഏറ്റവും താഴ്ന്നുണ്ട് ഏറ്റവും സാധാരണക്കാരൻ സാധാരണക്കാരം കൊടുത്തു ഇവിടെ അതല്ല പറഞ്ഞത് ഉറങ്ങുന്ന ജാതിക്കാരന് കൊടുക്കാവോ താഴ്ന്ന ജാതിക്കാരനെ അകറ്റി നിർത്തുക അവര് ധർമ്മത്തിന് അവകാശം നീചനാണ് ഇതാണ് ഇതിന്റെ ഒരു ദോഷം വ്യക്തിയുടെ യോഗ്യതയനുസരിച്ച് പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് ഇത് രണ്ടു കൂടെ സംഭവിച്ചു അതുകൊണ്ടാണ് നിങ്ങളീ പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്നത് ഇത് പ്രചാരം കിട്ടാത്ത മറ്റ് ഇതിനു ശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ മതങ്ങളും ആശയങ്ങളും ഒക്കെ പ്രചരിക്കുന്നത് ഒരു കാരണമതാണ് അത് മാത്രമല്ല രാഷ്ട്രീയ കാലങ്ങളും പക്ഷെ ഒരു പ്രധാന കാരണമെന്നാണ് നമ്മുടെ ഇതുപോലുള്ള ഈ അധികാരി അനധികാരി എന്ന് പറയുന്നത് പട്ടിയുടെ തോൽ പോലെയാണ് എന്നൊന്നും പറയുന്ന ഒരു ഇടപാടവിടെ ഇല്ല അവിടെ പറയുന്ന എന്താണ് പട്ടിയുടെ തോലൊഴിച്ചപ്പാറ്റുപോലെയൊന്നും ഇല്ല പട്ടിയുടെ തോൽ പോലെയാണ് ഇന്ന് അധികാരി അല്ലാത്തവരും എന്നാണ് ഈ പറയുന്നത് അവിടെ ഉപദേശിക്കുന്നിടത്ത് സ്ത്രീ പുരുഷഭേദം അവിടെ സ്ത്രീകൾക്ക് ഇങ്ങനൊന്നും അവകാശമില്ല ഇത്തരത്തും പറയുകയും അങ്ങനെ പറയും പോയിന്നില്ല പിന്നെ ആ നിയമങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും പഠിച്ചാലും പക്ഷെ നിയമം അനുവദിക്കാണ് എൻ്റെ പ്രശ്നം അല്ല എന്റെ വ്യക്തിക്കനുസരിച്ച് കണക്കിന്ന് പാട്ട് പഠിക്കാൻ യോഗ്യത പഠിപ്പിച്ചാൽ എല്ലാ അവിടെ പക്ഷെ ജാതി ലിംഗഭേദവും അതൊക്കെ നമുക്ക് ലാൻ പാടില്ല ഇതിന് ദോഷവും ഗുണവും രണ്ടും ഉണ്ടാവും ീതരാഗ്രോധാന ഉപദേശിക്കുന്നവർക്ക് യോഗ്യതകളും കേൾക്കുന്നവര് യോഗ്യത പറയുണ്ട് രാഗഭയക്രോധങ്ങളൊന്നുമില്ലാത്തവർ നിർമ്മാണം അഭിമാനമില്ലാത്തവർ അടുത്തയിലോ പാപങ്ങളെല്ലാം ഉദ്ദേശിച്ചു വളരെ അങ്ങയെപ്പോലുള്ളവര് എത്ര വദന്തി ഏത് സൽപാത്രത്തിനാണോ ഇതെന്ന് ഉദ്ദേശിച്ചിരുന്നത് അത്ര ഇതാണ് വിശ്രാഗതി അവിടെ ചിത്ര വിശ്രാന്തി സംഭവിക്കുന്നു ഈ ലോകത്തിൽ നൂറത് വ്യക്തിയുടെ യോഗ്യതയനുസരിച്ചാണെങ്കിൽ ശരി മറ്റൊന്നും പരിഗണിക്കാൻ പാടില്ല പിന്നെ ഈ പറയുന്ന യോഗ്യതയൊക്കെ ഉപദേശിക്കുന്നത് വേണമെങ്കിൽ പറഞ്ഞത് ഉപദേശിക്കുന്ന സമയത്തധികം വേണം എന്നും ആ വ്യക്തിയോഗ്യത പുരാണങ്ങളിൽ പറയുന്നില്ല ചിലപ്പോൾ അവരും ഒക്കെ തെറ്റിപ്പോ ചിലപ്പോൾ അവരൊക്കെ ഡിപ്രഷനിലൊക്കെ അടിക്കും ഇപ്പൊ എന്തായാലും ശിക്ഷൻ അത് യോഗ്യനാണ് ഉപദേശിച്ചത് ഈ പറയുന്ന എല്ലാ വിശേഷങ്ങളും സേകരിപ്പിക്കുന്നതാണ് വിശ്വാമിത്രം പറയുന്നത് ചുറ്റുദ്ധാ ദിവത്രീണോ നാല പൂർവകാഹിയേ അമേവാക്കം സാഹചര്യ ഭൂമി തേ ഈ രാമൻ ഇങ്ങനെ ചോദിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ വിഷുമാരും ഭൂമിയിനും ആകാശത്തും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും നേരം നല്ല ഒന്നിരിക്കുകയാണ് എന്താണെന്ന് സംഭവിക്കുന്നത് കേരളം ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് എല്ലാ മുനിമാരും കൊള്ളാം കൊള്ളാം നല്ലത് പറഞ്ഞാണ് ശരി അന്ന് പറയുക സാധു സാധു ഈ അപ്പൂജയെ സ്വാമി എല്ലാവരും അംഗീകരിച്ചു അഥഭ ഭാഗം മഹാദേവ രാജ്ഞ പാർശ്വസ്ഥിത ബ്രഹ്മ ബ്രഹ്മണപുത്രോ വസു ഇത്രയും പറഞ്ഞു മഹാദേവസായ രാജ്ഞപാർശേ വ്യവസ്ഥിതാരായ അവൻ്റെ സമീപത്തിലെ ഹിന്ദവനായ ബ്രഹ്മണപുത്രൻ ബ്രഹ്മാവിനപുത്രനായ ബ്രഹ്മാവിനെ പോലെ അവളുടെ അവശിഷ്ടം പറഞ്ഞു എന്താണ് അഷ്ടം പറഞ്ഞിഷ്ടം പറഞ്ഞു മേശ അവജ്ഞമ്മി അങ്ങനെന്താണോ എന്നോട് ആജ്ഞാപിച്ചത് ഞാൻ യാതൊരു സ്ഥല തടസ്സവും കൂടാതെ ഞാൻ നിർവഹിക്കാം ഒക്കെ സമർത്ഥം സമർത്ഥവും സതാ ലങ്കയിലും വച്ചു എത്ര ശേഷിയുള്ളവനായാലും ശരി സത്രുക്കളുടെ വാക്ക് സതാം വചങ്കയിലും കഹസമർത്ഥൻ അനോലംഗികൻ ആർക്കാണ് ശേഷിയുള്ളവൻ അംഗയുടെ ആജ്ഞയെ ഞാൻ ചിരസാ വായിക്കുന്ന ഞാൻ തന്നെ ഉപദേശിക്കാം നമ്മുടെ എന്തെയ്യുന്നു വിശ്വാമിത് പറയുന്നത് പൂർണ്ണമായി അംഗീകരിച്ചു അഹംജി രാജപുത്രാണോ രാമാനീനീപനെയാണോ നിശ രാത്രിയിലെ തമസ് വെളിച്ചം കൊണ്ടില്ലാതാക്കുന്നത് അതുപോലെ ഈ രാജപുത്രന്മാരായ രാമാനികളെല്ലാം മനസ്സിന്റെ മനസ്തമ മനസ്സിന്റെ തമസ്സിന് ആശ് അപ്പനെയോടം കൊണ്ട് പറഞ്ഞ ഉടനേം കിടക്കില്ല ഇത് നീണ്ട ഒരു ഉപദേശം ഉടനെ ജീവിതത്തില് പറയുകയും സ്മരാ അഖണ്ഡിതം സർവ സംസാരം ധ്രഹശാന്തേ നിഷധാ ഗ്രോ പുരാത്മക്വിയാണ് പത്മജത്മന ബ്രഹ്മാവ് ആ പർവ്വതത്തിൽ വച്ച് പുരാ യജ്ഞാനം തോന്നുന്നു ഏതൊരു ജ്ഞാനമാണോ എന്ന് ഉപദേശിച്ചത് സംസാരം ബ്രഹ്മശാന്തയെ സംസാരം ശ്രമിക്കുന്നതിനാണോ ഉപദേശിച്ചത് അഖണ്ഡിതം ശ്രമം യാതൊരു കുറവുമില്ല അത് പൂർണമായി അഹം സ്മരാഗ് ഓർമ്മയുണ്ട് ഞാൻ അത് ഉപദേശിക്കാം ഇത്തരം പറഞ്ഞതിനു ശേഷം വാത്മീകൻ വാച അടുത്ത് വാത്മീക പരപടി വാത്മീക എവിടുന്ന് വന്നു ആത്മീയ ആരോട് പറയുന്നു ഏത് രാജാവ് ഏത് രാജാവ് ഓർമ്മിച്ച് പറയാൻ വാങ്ങാൻ ഒരു അപ്സരസ് വഴിയെന്ന് വന്ന് ദേവദൂതൻ പോകുന്നതും ഇന്ദ്രന്റെ കഥയധികമായി പറഞ്ഞു കൊണ്ടുപോകുന്നു ഭരഗ്വാനം കൊണ്ടുവരുന്നതും ഇന്ദ്രം പറയുന്നതും ആത്മീകയുടെ ആശ്രമത്തെ അവിടെ ഉപദേശിക്കുന്നതുമായിട്ടാണ് കഥ അതാണ് ഈ പറയുന്ന സംഭവങ്ങൾ പെട്ടെന്ന് വേണം കഥയായിട്ട് നമ്മൾ ഇത് ഒരു പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏൽപ്പിക്കുന്ന സ്ഥിതി ശരിക്കും അതുപോലെ ചിന്തിച്ച് മനസ്സിൽ ഓർമ്മിക്കാത്തതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു ശരിക്കും മനസ്സിലോർപ്പിക്കും നമ്മൾ എപ്പോഴവിടെ എന്ത് നോക്കുക ജീവിതകാലം കൂടി ഇത് വിചാരം ചെയ്യാൻ പറ്റില്ല മനസ്സിലായി അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരം ചെയ്ത് മനസ്സിലോർപ്പിച്ച് ആ സമയത്ത് ശരിയായ രീതിയിൽ ഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താണ് ഒരാവശ്യം വരുമ്പം ഇതൊക്കെ തിരിച്ചെടുക്കാം എവിടെ നിന്ന് നമ്മുടെ ബ്രെയിൻ ഇല്ല അവിടെ തിരിച്ചെടുക്കാം അതൊരു പരിചയമുണ്ട് അത് ഉറപ്പിക്കാത്ത കൊണ്ടാണ് അതായത് രണ്ടു തരത്തിലാണോ നമ്മൾ ശരിയായി രീതി ഓർമ്മിച്ച് കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഇതാണ് ഇപ്പോ എനിക്ക് ഇപ്പൊ നിങ്ങളോടിനു പറയുന്നതിന് യാതൊരു തരത്തിലുള്ള പരിശ്രമവും ആവശ്യമില്ല എന്നുള്ളത് നൂറ് ശതമാനം ശരിയല്ല എനിക്ക് യാതൊരു തരത്തിലുള്ള കൊർപ്പറേഷനും ആവശ്യമില്ലാന്ന് പറയുന്നതിന്റെ വാസ്തവം അതൊന്നും നൂറ് ശതമാനം ശരിയല്ല എവിടെയാണ് ആവശ്യമില്ലാതെ ആവശ്യം വരുന്നതെന്ന് ചോദിച്ചു വരികയാണ് നമ്മൾ ഈ ഓരോ ശാസ്ത്രവും അങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ അതിന്റെ തത്വത്തെ മനനം ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോ എപ്പോഴാണോ നമ്മളിത് മനനം ചെയ്യുന്നത് നമുക്കിത് ആവശ്യമുള്ള പുറത്തെടുക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമങ്ങളും വേണ്ടി വരുന്നത് അപ്പോഴാണ് എപ്പോഴാണോ നമ്മൾ ഇതിനൊക്കെ മനസ്സിലാകുന്നത് ഇല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അപ്പോൾ അപ്പോഴാണ് പരിശ്രമം പരിശ്രമം വേണം ഇപ്പല്ല അത് ആ സമയത്താണ് പരിശ്രമം വേണ്ടിയത് അവരാവുമ്പോൾ കർശനമായി പരിശ്രമിക്കും മറ്റൊക്കെ ശ്രദ്ധ പോലെ അവർ ഒരു കാര്യങ്ങളും ശ്രദ്ധിച്ച് ഉറപ്പിച്ച് മരിച്ചു വരിക നമുക്ക് പിന്നീട് അത് വീണ്ടെടുക്കുന്നതിന് വലിയ തത്വത്തെ ആശയത്തെ അതിനെ വീണ്ടെടുക്കുന്നതിന് യാതൊരു പ്രയാസവും വളരെ അനായാസവും നമുക്ക് തത്വത്തെ ആവിഷ്കരിക്കുന്ന ഒരു പ്രയാസം വരും എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രയാസം വരുന്ന ഭാഗമാണ് എന്താണ് ആ ഓർമ്മ എന്ന് പറയുന്ന ചില നമ്മൾ പ്രത്യേകമായി ഓർമ്മിച്ച് വയ്ക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ വ്യാകരണസൂത്രം പിന്നെ പദ്യങ്ങൾ ശ്ലോകങ്ങൾ ഒരുപാട് പതികളല്ല പഴയകാലം മനഃപ്പാടിയാണെന്ന് ചോദിച്ചത് ഇപ്പോ നിങ്ങള് ചോദിച്ചു പെട്ടെന്ന് എന്റെ ബ്രെയിനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നു ഒരു ലാബിൽ അവിടെ സ്വയം പെട്ടെന്ന് വരത്തില്ല അപ്പോ പെട്ടെന്ന് വരത്തില്ലെന്ന് ചോദിച്ചാൽ അത് വരും ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ പുറത്തേക്ക് നടക്കുമ്പോഴായിരിക്കും ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്താണോ ഞാൻ വിട്ടുപോയത് എന്റെ മനസ്സിൽ കിടന്നു വരും പക്ഷെ ഇവിടെയായിരിക്കും വരുന്നത് അതെന്തോ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് എന്റെ ബ്രെയിൻ എനിക്ക് പ്രായമായിട്ടില്ല എന്റെ ബ്രെയിൻ പ്രായം കൊടുക്കുന്നു ബ്രെയിൻ പ്രായം അവിടെ പിന്നെ ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പുസ്തകം കൊടുത്ത് നോക്കേണ്ടി ആ ഒരു ഭാഗത്താണ് പ്രിപ്പറേഷൻ്റെ ആവശ്യമത് അവിടെ ഓർമ്മിക്കാൻ വേണ്ടി ചിലപ്പോൾ കുക്കെടുത്ത് നോക്കിയിട്ട് അങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പണ്ടത്തോ കേട്ടിട്ടുണ്ടോ നമ്മൾ ക്ഷണിക്കാതില്ല എന്തുവരും അതുകൊണ്ട് കടന്നു വരികയും ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ സൂത്രമോ മറ്റെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനത് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് പണ്ട് അനുഭവിച്ച കാര്യം എന്റെ മനസ്സിൽ ഞാൻ അറിയാതെ കിടക്കുവരുന്ന് പറയും അല്ലാതെ തന്നെ ഞാൻ ഓർത്താൻ കിട്ടത്തില്ല പക്ഷെ ആശയം അങ്ങനെയല്ല ആശയം എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ ദഹിപ്പിച്ചു ചേർത്താം നമ്മളിൽ തന്നെ കുറച്ചുകൂടി ദഹിപ്പിച്ചു ചേർത്തുകൊണ്ട് അതിന് ആദ്യം ബുദ്ധിമുട്ടും വരും ആശയത്തെ സംശയീകരിക്കാം എന്നുള്ള ആശയത്തെ സംശയിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണം നിങ്ങൾക്ക് അത് വിശദീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല നിങ്ങൾക്ക് യാതൊരു പ്രിപ്പറേഷൻ്റെ ആവശ്യം വരത്തില്ല നമുക്ക് ദഹിച്ചുചേർന്നതായി ശാസ്ത്രം തന്നെ എന്നാണ് പാഠങ്ങൾ പറയുന്നത് ഇത്തരം ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴയകാലത്ത് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്തും പറ്റി മാറി വർഷങ്ങളിൽ ഞാനൊരു ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ഗുരന്തവും ഞായും എനിക്കത് സമയം ഞാൻ ആശ്രമവും പ്രവർത്തനങ്ങളും രാവിലെ ഏഴ് മിനി പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പുസ്തകം തുറന്ന് എന്താണെന്നൊന്നും നോക്കുന്നതല്ല ഞാനൊരു പ്രിപ്പറേറ്റ് ചെയ്ത് ഒരു ദിവസം സത്യസന്ധമായിട്ടുണ്ട് അതിന്റെ ആവശ്യം പക്ഷെ നോക്കണം എന്താണെന്ന് പറയാൻ പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ് പുറത്തെടുക്കാൻ ഇപ്പോഴും പ്രയാസം അതിന് ഇനിയും പ്രയാസം ഉടനെയൊന്നും പ്രയാസം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഓർമ്മ എന്ന് പറയുന്ന അത് വേറെ ബ്രെയിനിന്റെ വേറെ ഭാഗത്താകും അത് സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്ന ബ്രെയിനിന്റെ പ്രത്യേക ഒരു ഭാഗമാണ് അവിടെയൊക്കെ കുറച്ച് രാസപ്രവർത്തനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറക്കാൻ പറ്റും അതുകൊണ്ട് ഇതിന് ഒരേ ഒരു വഴിയുള്ളു നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയം എപ്പോഴാണോ നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ് നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സമയം എന്നെ സംബന്ധിച്ച് ഇത് ചിന്തിക്കുന്ന സമയം അല്ല എന്നെ സംബന്ധിച്ച് വെറുതെ ഓർക്കുന്ന സമയമാണ് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ശരിയായാലും സമയം കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കൃത്യസ്ഥമാക്കാന്ന് പറയുന്നു അങ്ങനെ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ വഴിയില്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അതിനുവേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുക കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് സ്വയത്തമാകാത്തതുകൊണ്ടാണ് നമ്മുടേതാകാത്തത് കൊണ്ടാണോ ഗ്രന്ഥത്തിൻ്റെതായിരിക്കും വേറെ ആൾ പറയുന്നതായിരിക്കുന്നുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ